നിങ്ങൾക്ക് നാം സൌകര്യങ്ങൾ നൽകിയതുപോലെ അവർക്കും നാം സൌകര്യങ്ങൾ നൽകിയിരുന്നു അവർക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും നാം നൽകി എന്നാൽ അള്ളാഹു സുബാനഹുവ തയാലായുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിനാൽ അവരുടെ കേൾവിയോ കാഴ്ചയോ ഹൃദയങ്ങളോ യാതൊരു കാര്യത്തിനും അവർക്കുപകരിച്ചില്ല അവർ പരിഹസിച്ച കാര്യം അവരെ വിഴുങ്ങി